ധ്യായം പതിനഞ്ച് അനന്തരം അബ്ശാലോം ഒരു രഥത്തെയും കുതിരകളെയും തന്റെ മുമ്പിൽ ഓടുവാൻ അൻപത് അകമ്പടികളെയും സമ്പാദിച്ചു അബ്ശാലോം അധികാലത്തെഴുന്നേറ്റ് പടിവാതുക്കൽ വഴിയരികെ നിൽക്കും ആരെങ്കിലും വ്യവഹാരമുണ്ടായിട്ട് രാജാവിന്റെ അടുക്കൽ വിസ്താരത്തിനായി വരുമ്പോൾ അബ്ശാലോം അവനെ വിളിച്ച് നീ ഏത് പട്ടണക്കാരൻ എന്ന് ചോദിക്കും അടിയൻ ഇസ്രയേലിൽ ഇന്ന ഗോത്രക്കാരൻ എന്ന് അവൻ പറയുമ്പോൾ അബ്ശാലോ അവനോട് നിന്റെ കാര്യം ന്യായവും നേരുമുള്ളത് എങ്കിലും നിന്റെ കാര്യം കേൾപ്പാൻ രാജാവ് ആരെയും കൽപ്പിച്ചാക്കിയിട്ടില്ലല്ലോ എന്ന് പറയും ഹാ വഴക്കും വ്യവഹാരവുമുള്ളവരൊക്കെയും എന്റെ അടുക്കൽ വന്നിട്ട് ഞാൻ അവർക്ക് ന്യായം തീർപ്പാൻ തക്കവണ്ണം എന്നെ രാജ്യത്ത് ന്യായാധിപനാക്കിയെങ്കിൽ കൊള്ളായിരുന്നു എന്നും അബ്ശാലോ പറയും ആരെങ്കിലും അവനെ നമസ്കരിപ്പാൻ അടുത്തു ചെന്നാൽ അവൻ കൈനീട്ടി അവനെ പിടിച്ച് ചുംബനം ചെയ്യും രാജാവിന്റെ അടുക്കൽ ന്യായവിസ്താരത്തിനു വരുന്ന എല്ലാ ഇസ്രയേലിനോടും അബ്ഷാലോം ഇവണ്ണം തന്നെ ചെയ്തു അങ്ങനെ അബ്ഷാലോ ഇസ്രയേലുടെ ഹൃദയം വശീകരിച്ചു കളഞ്ഞു നാല് സംവത്സരം കഴിഞ്ഞപ്പോൾ അബ്ശാലോം രാജാവിനോട് പറഞ്ഞത് ഞാൻ യഹോവയ്ക്ക് നേർന്ന ഒരു നേർച്ചാ ഹെബ്രോനിൽ ചെന്ന് കഴിപ്പാൻ അനുവാദം തരേണമേ യഹോവ എന്നെ മടക്കി വരുത്തിയാൽ യഹോവയ്ക്ക് ഒരു ആരാധന കഴിക്കുമെന്ന് അടിയൻ അരാമിലെ ഗശൂരിൽ പാർത്തകാലം ഒരു നേർച്ച നേർന്നിരുന്നു രാജാവ് അവനോട് സമാധാനത്തോടെ പോകാം എന്നു പറഞ്ഞു അവൻ എഴുന്നേറ്റ് ഹെബ്രോയിനിലേക്ക് പോയി എന്നാൽ അബ്ശാലും ഇസ്രായേൽ ഗോത്രങ്ങളിൽ എല്ലാടവും ചാരന്മാരെ അയച്ചു നിങ്ങൾ കാഹളനാദം കേൾക്കുമ്പോൾ അബ്ശാലോം ഹെബ്രോനിൽ രാജാവായിരിക്കുന്നു എന്ന് വിളിച്ചുപറവീൻ എന്ന് പറയിച്ചിരുന്നു അബ്ശാലോമിനോടു കൂടെ എരുസലേമിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടവരായി ഇരുന്നൂറ് പേർ പോയിരുന്നു അവർ ഒന്നുമറിയാതെ തങ്ങളുടെ പരമാർത്ഥതയിലായിരുന്നു പോയത് അബ്ശാലോം യാഗം കഴിക്കുമ്പോൾ ദാവീദിന്റെ മന്ത്രിയായ അഹീധോഫേൽ എന്ന ഗീലോന്യനെ അവന്റെ പട്ടണമായ ഗീലോനിൽ നിന്ന് ആളയച്ചു വരുത്തി ഇങ്ങനെ ജനം നിത്യം അബ്ശാലോമിന്റെ അടുക്കൽ വന്നുകൂടുകയാൽ കൂട്ടുകെട്ടിന് ബലമേറി അനന്തരം ഒരു ദൂതൻ ദാവിദിന്റെ അടുക്കൽ വന്നു ഇസ്രയേലരുടെ ഹൃദയം അബ്ശാലോമിനോട് യോജിച്ചുപോയി എന്നറിയിച്ചു അപ്പോൾ ദാവീദ് യെരുഷലേമിൽ തന്നോടു കൂടെയുള്ള സകല ഭൃത്യന്മാരോടും നാം എഴുന്നേറ്റ് ഓടിപ്പോകാം അല്ലെങ്കിൽ ആരും അബ്സാലൂമിന്റെ കൈയിൽ നിന്ന് തെറ്റിപ്പോകയില്ല അവൻ പെട്ടെന്ന് വന്ന് നമ്മെ പിടിച്ച് നമുക്ക് അനർത്ഥം വരുത്തുകയും പട്ടണത്തെ വാളിന്റെ വായിത്തലയാൽ നശിപ്പിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് ക്ഷണത്തിൽ പുറപ്പെടുവീനെന്ന് പറഞ്ഞു രാജൃത്യന്മാർ രാജാവിനോട് യജമാനനായ രാജാവിന്റെ ഹിതമൊക്കെയും അടിയങ്ങൾക്ക് സമ്മതം എന്നു പറഞ്ഞു അങ്ങനെ രാജാവ് പുറപ്പെട്ടു അവന്റെ ഗ്രഹമൊക്കെയും അവനെ പിൻചെന്നു എന്നാൽ രാജധാനി സൂക്ഷിപ്പാൻ രാജാവ് പത്തു വെപ്പാട്ടികളെ താമസിപ്പിച്ചിരുന്നു ഇങ്ങനെ രാജാവ് പുറപ്പെട്ടു ജനമൊക്കെയും പിന്നാലെ ചെന്നു അവർ ബെത്ത് മെർഹാക്കിൽ നിന്നു അവന്റെ സകല ഭൃത്യന്മാരും അവന്റെ അരികത്തുകൂടി കടന്നുപോയി എല്ലാ ക്രൈത്യരും എല്ലാ പ്ലേത്യരും അവനോടുകൂടെ ഗത്തിൽ നിന്ന് പോന്നിരുന്ന അറുനൂറ് പേരായ എല്ലാ ഗിത്യരും രാജാവിന്റെ മുമ്പാകെ കടന്നുപോയി രാജാവ് ഗിത്യനായ ഇഥായിയോട് പറഞ്ഞതെന്തെന്നാൽ നീയും ഞങ്ങളോടുകൂടെ വരുന്നത് എന്തിന് നീ മടങ്ങിച്ചൊന്ന് കൂടെ പാർക്ക നീ പരദേശിയും സ്വദേശ ഭ്രഷ്ടനും അല്ലു നിന്റെ സ്ഥലത്തേക്ക് തന്നെ പൊയ്ക്കൊള്ളുക നീ ഇന്നലെ വന്നതേയുള്ളൂ ഇന്ന് ഞാൻ നിന്നെ ഞങ്ങളോട് കൂടെ അലഞ്ഞു നടക്കുമാറാക്കുമോ ഞാൻ തരം കാണുന്നിടത്തേക്ക് പോകുന്നു നീ നിന്റെ സഹോദരന്മാരെയും കൂട്ടി മടങ്ങിപ്പോകാം ദയം വിശ്വസ്തതയും നിന്നോട് കൂടെ ഇരിക്കട്ടെ അതിന് ഇഥായി രാജാവിനോട് യഹോവയാണെ യജമാനനായ രാജാവാണ് യജമാനായ രാജാവ് എവിടെയിരിക്കുന്നുവോ അവിടെ തന്നെ മരണമോ ജീവനോ എന്തു വന്നാലും അടിയനുമിരിക്കുമെന്ന് പറഞ്ഞു ദാവീദ് ഇദ്ധായിയോട് നീ കൂടെ പോരുക എന്നു പറഞ്ഞു അങ്ങനെ ഗിത്യനായ ഇദ്ധായിയും അവന്റെ ആളുകളും അവനോട് കൂടെയുള്ള കുഞ്ഞുകുട്ടികളും എല്ലാം കടന്നുപോയി ദേശത്തൊക്കെയും വലിയ കരച്ചിലായി ജനമെല്ലാം കടന്നുപോയി രാജാവും ഖിദ്രൻതോട് കടന്നു ജനമൊക്കെയും മരുഭൂമിയിലേക്കുള്ള വഴിക്ക് പോയി സാധുക്കും അവനോടുകൂടെ ദൈവത്തിന്റെ നിയമപ്പെട്ടകം ചുമന്നുകൊണ്ട് എല്ലാ ലേവ്യരും വന്നു അവർ ദൈവത്തിന്റെ പെട്ടകം താഴെ വെച്ചു ജനമൊക്കെയും പട്ടണത്തിൽ നിന്ന് കടന്നു തീരും വരെ അബ്യാഥാർ മലകയറിച്ചെന്നു രാജാവ് സാധൂക്കിനോട് നീ ദൈവത്തിന്റെ പെട്ടകം പട്ടണത്തിലേക്ക് തിരികെ കൊണ്ടുപോകാം യഹോവയ്ക്കെന്നോട് കൃപ തോന്നിയാൽ അവൻ എന്നെ മടക്കി വരുത്തും ഇതും തിരുനിവാസവും കാൺമാൻ എനിക്ക് ഇടയാകും അല്ല എനിക്ക് നിന്നിൽ പ്രസാദമില്ല എന്ന് അവൻ കൽപ്പിക്കുന്നെങ്കിൽ ഇതാ ഞാൻ ഒരുക്കം തനിക്ക് ഹിതമാകും വണ്ണം എന്നോട് ചെയ്യട്ടെ എന്ന് പറഞ്ഞു രാജാവ് പിന്നെയും പുരോഹിതനായ സാധൂക്കിനോട് ദർശക നീ സമാധാനത്തോടെ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോക നിങ്ങളുടെ രണ്ട് പുത്രന്മാർ നിന്റെ മകൻ അഹീമാസും അബ്യാധാരന്റെ മകൻ യോനാധാനും നിങ്ങളോടു കൂടെ ഉണ്ടല്ലോ എനിക്ക് നിങ്ങളുടെ അടുക്കൽ നിന്ന് സൂഷ്മ വർത്തമാനം കിട്ടും വരെ ഞാൻ മരുഭൂമിയിലേക്കുള്ള കടവിങ്കൽ താമസിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ സാധൂക്കും അബ്യാഥാരും ദൈവത്തിന്റെ പെട്ടകം എരുശിലമിലേക്ക് തിരികെ കൊണ്ടുപോയി അവിടെ താമസിച്ചു ദാവീദ് തല മൂടിയും ചെരുപ്പിടാതെയും നടന്ന് കരഞ്ഞും ഒലിവ് മലയുടെ കയറ്റം കയറി കൂടെയുള്ള ജനമൊക്കെയും തലമൂടി കരഞ്ഞുകൊണ്ട് കയറിച്ചെന്നു അബ്ശാലോമിനോട് കൂടെയുള്ള കൂട്ടുകെട്ടുകാരിൽ അഹിതൊഫേലും ഉണ്ടെന്ന ദാവീദിന് അറിവുകിട്ടിയപ്പോൾ യഹോവേ അഹിതൊഫേലിന്റെ ആലോചനയെ അബദ്ധമാക്കേനമേ എന്ന് പറഞ്ഞു പിന്നെ ദാവീദ് മലമുകളിൽ ദൈവത്തെ ആരാധിച്ചുവന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അർഘ്യനായ പൂശായി അങ്കി കീറിയും തലയിൽ മണ്ണ് വാരിയിട്ടും കൊണ്ട് അവനെതിരെ വരുന്നത് കണ്ടു അവനോട് ദാവീദ് പറഞ്ഞത് നീ എന്നോടു കൂടെ എനിക്ക് ഭാരമായിരിക്കും എന്നാൽ നീ പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്ന് അബ്ശാലൂമിനോട് രാജാവേ ഞാൻ നിന്റെ ദാസനായിരുന്നു കൊള്ളാം ഞാൻ ഇതുവരെ നിന്റെ അപ്പന്റെ ദാസൻ ആയിരുന്നതുപോലെ ഇപ്പോൾ നിന്റെ ദാസനായിരിക്കാമെന്ന് പറഞ്ഞാൽ നിനക്ക് അഹിദ് ഒഫേലിന്റെ ആലോചനയെ വ്യർത്ഥമാക്കുവാൻ കഴി അവിടെ നിന്നോടു കൂടെ പുരോഹിതന്മാരായ സാദൂക്കും അബ്യാഥാരും ഉണ്ട് അതുകൊണ്ട് രാജധാനിയിൽ നിന്ന് കേൾക്കുന്ന വർത്തമാനമൊക്കെയും നീ പുരോഹിതന്മാരായ സാധൂക്കിനെയും യും അറിയിക്കണം അവിടെ കൂടെ അവരുടെ രണ്ടു പുത്രന്മാർ സാദൂക്കിന്റെ മകൻ അഹിമാസും അബ്യാധാരിന്റെ മകൻ യോനാഥാനും ഉണ്ട് നിങ്ങൾ കേൾക്കുന്ന വർത്തമാനമൊക്കെയും അവർ മുഖാന്തരം എന്നെ അറിയിപ്പീൻ അങ്ങനെ ദാവീദിന്റെ സ്നേഹിതനായ ഭൂശായി പട്ടണത്തിൽ ചെന്നു അബ്ശാലൂമും എരുഷലേമിൽ